അവർ പറഞ്ഞു ഹേ ദുൽഖർനൈൻ യജൂജും മജൂജും ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ് അതിനാൽ ഞങ്ങളും അവർക്കുമിടയിൽ ഒരു മതിൽ നിർമ്മിച്ചു തരുന്നതിനു പകരമായി ഞങ്ങൾ നിങ്ങൾക്ക് നികുതി നൽകട്ടെയോ